വിധം കഴിഞ്ഞ കരളിൻ പൂക്കാലമോർക്കുന്നു ഞാൻ ഒന്നായി നമ്മൾ നയിച്ച നാളുകളഹോ വീണ്ടും പുലർന്നേടുമോ ഇന്നാളെന്ന വിധം കഴിഞ്ഞ കരളിൻ പൂക്കാലമോർക്കുന്നു ഞാൻ ഒന്നായി നമ്മൾ വീണ്ടും പുലർന്നേടുമോ തന്നേ സൽപ്പുരി കാലചക്രമിതു പോലെങ്ങും കറങ്ങുംപൊഴി മണ്ണിൽ സൗഹൃദബന്ധമെത്ര ശിഥിലം നീയെങ്ങു ഞാനെങ്ങുവാൻ തന്നേ സൽപുരികാല ചക്രമിതു പോലെങ്ങും കറങ്ങുംപൊഴി മണ്ണിൽ സൗഹൃദ ബന്ധമെത്ര ശിഥിലം നീയെങ്ങു ഞാനെങ്ങുവാൻ കണ്ടാലിന്നറിയാതെയായി കഥകളെല്ലാമേ മറന്നായി നാം രണ്ടാളും പതി കണ്ടരാ പരിചയം പോലും പുലർത്താതെയായി കണ്ടാലിന്നറിയാതെയായി കഥകളെല്ലാമേ മറന്നായി നാം രണ്ടാളും പതി കണ്ടരാ പരിചയം പോലും പുലത്താതെയായി പുണ്ടാമോ ഹൃതിയുത്സവം വഴിയിൽ നാംബല്ലപ്പോഴും കാണിലും പണ്ടാനന്ദമിയറ്റിനിന്നരരുമക്കാലം തിരിച്ചെത്തുമോ പുണ്ടാമോ ഹൃദിയുൽസവം വഴിയിൽ നാംബല്ലപ്പോഴും കാണിലും പണ്ടാനന്തമിയറ്റിനിന്നരരുമക്കാലം തിരിച്ചെത്തുമോ പിദ്വല്ലാളിതമായിടം നഗരമേ നിന്നെ ഭജിച്ചു ചിരം വിദ്യ ഞാൻ വിഫലമായില്ലുദ്യമം കേവലം പിദ്വല്ലാളിതമായിടം നഗരമേ നിന്നെ ഭജിച്ചു ചിരം വിദ്യ ഞാൻ വിഫലമായില്ലുദ്യമം കേവലം ഉദ്യോഗം പല താക്കിലും മമ ചെറുപ്പത്തിൻ കിനാവിംഗൾ നീ ട്രിത്യം പൂക്കളുതിർത്തുനിൽപ്പതൊരു കാലത്തും മറക്കില്ല ഞാൻ ഉദ്യോഗം പലതാക്കിലും മമ ചെറുപ്പത്തിൻ കിനാവിംഗൾ നീ ട്രിത്യം പൂക്കളുതിർത്തുനിൽപ്പതൊരു കാലത്തും മറക്കില്ല ഞാൻ പൂരക്കാലമടുക്കവേ കൂതുകമേലേണ്ടുന്ന നിൻകൃത്തില കൂരമ്പോ കരിവീര പോലിഹ നിരക്കുന്നു നിരാശാകണം പൂരക്കാലമടുക്കവേ കുതുകമേലേണ്ടുന്ന നിൻകൃത്തിലൂരമ്പോ കരിവീര പോലിഹ നിരക്കുന്നോ നേരെ നിന്നു തകർക്കോ വ്യഥകടൻമേളം വെടിക്കട്ടിനൊനിയോ നിനക്കിതുദിനെ പൗരം സഖി നേരെ നിന്ന് തർക്കയോ വ്യഥകടൻമേളം വെടിക്കട്ടിനിരങ്കി ധനിയോ നിനക്കിതുദിനെ പൂരം സഖി വിധം കഴിഞ്ഞ കരളിൻ പൂക്കാലമോർക്കുന്നു ഞാൻ ഒന്നായി നമ്മൾ നയിച്ച നാളുകളഹോ വീണ്ടും പുലം നീടുമോ തന്നേ സൽപ്പുരി കാലചക്രമിതുപോലെങ്ങും കറങ്ങുംപൊഴി മണ്ണിൽ സൗഹൃദ ബന്ധമെത്ര ശിഥിലം നീയെങ്ങു ഞാനെങ്ങുവാൻ കണ്ടാലിന്നറിയാതെയായി കഥകളെല്ലാമേ മറന്നായി നാം രണ്ടാളും പതി കണ്ടൊരാ പോലും പുലർത്താതെയായി പുണ്ടാമോ ഹൃദിയുത്സവം വഴിയിൽ നാം വല്ലപ്പോഴും കാണിലും പണ്ടാനന്ദമിയറ്റിനിന്നരരുമക്കാലം തിരിച്ചെത്തുമോ വിദ്വല്ലാളിതമായിടം നഗരമേ നിന്നെ ഭജിച്ചു ചിരം വിദ്യാകൗതുകമാന്നു ഞാൻ വിഫലമായില്ലുദ്യമം കേവലം ഉദ്യോഗം പലതാക്കിലും മമ ചെറുപ്പത്തിൻകിനാവിങ്കൾ നീ ഹൃദ്യം പൂക്കളുതിർത്തുനിൽപ്പതൊരു കാലത്തും മറക്കില്ല ഞാൻ പൂരക്കാലമടുക്കവേ കുതുകമേലേണ്ടുന്ന നിൻകൃത്തിലൂരമ്പോ കരിവീര പോലിഖനിരക്കുന്നു നിരാശാകണം നേരെ നിന്നു തകർക്കയോ വ്യഥകടന്മേളം വെടിക്കെട്ടിനരങ്കിധ്വനിയോ നിനക്കിരുദിനം പോരിൻ്റെ പൂരം സഖി വിധം കഴിഞ്ഞ കരളിൻ പൂക്കാലമോർക്കുന്നു ഞാൻ ഒന്നായി നമ്മൾ നയിച്ച നാളുകളഹോ വീണ്ടും പുലർന്നീടുമോ ഇന്നാളെന്ന വിധം കഴിഞ്ഞ കരളിൻ പൂക്കാലമോർക്കുന്നു ഞാൻ ഒന്നായി നമ്മൾ വീണ്ടും പുലർന്നീടുമോ